ഭൂതങ്ങളുടെ നാട് നാടകം രചന ജയപ്രകാശ് പുതുപ്പണം സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ സാവിത്രി ശ്രീധരൻ പി ജി ഇന്ദിര മാത്യു രാധിക എസ് മേനോക്കി ഗോപിക സുരേന്ദ്രൻ രാധിക കെ വിനോദ് മേക്കോത് വിജയൻ കാവങ്ങാട് ഇ കെ ഇസ്മയിൽ ടി എം ബാലൻ വോൾഗ സുധൻ നന്മണ്ട രാഹുൽ പെരിങ്ങാവ് ഭൂതങ്ങളുടെ നാട് സ്റ്റേഷനൊക്കെ എന്നാണ് മനു കൊടുത്തു തീർക്കുക അമ്മ പറഞ്ഞതാ കേട്ടോ കാര്യം കല്യാണം പറഞ്ഞ ഒപ്പിക്കേണ്ട പണിയാ വലുത് എത്ര പറഞ്ഞാലും ചിലരെ നമ്മള് വിട്ടുപോകും പറയണവര് ചിലരെ കാണാം തരം തിരിച്ച് ചേച്ചി ഏൽപ്പിച്ച കത്തുകൾ ചേച്ചി കൊടുത്തു തീർക്കണം ബൈക്കെടുത്തൊന്ന് കറങ്ങിയാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്റെ ജോലി ഞാൻ തീർത്തോളാം ആര് ക്ഷണിക്കാൻ മറന്നാലും പാറത്തിൽ ക്ഷണിക്കാൻ മറക്കല്ലേ മനു ഓ തുടങ്ങി തറുവാട്ടിലെ ഏത് കാര്യം പറയുമ്പോഴും അമ്മയുടെ നാവലിൽ ഈ പാറുവേടുത്തിയുണ്ടാകും പാറാടം കാട്ടിൽ പാറുവേടത്തി എനിക്ക് ഒരു ചെറിയ ഓർമയുള്ളൂ മനുവിന് പാറുവേർത്തി ഓർമ്മയുണ്ടോ നിങ്ങളെ പ്രസവിച്ചു കടന്ന കാലത്ത് എന്റെ എല്ലാ കാര്യവും നോക്കിയത് പാറുവെടുത്തിയായിരുന്നു അമ്മയെ സഹായിക്കാൻ വരുന്നതാ പക്ഷേ പാറുവേടുത്തിയുടെ എല്ലാ പരിചരണവും എനിക്കായിരിക്കും കട്ടിലിനടിയിൽ വലിയ കുടുക്കയിൽ പാകപ്പെടുത്തി വെച്ച പേറ്റുമരുന്ന് സമയാസമയം എനിക്ക് എടുത്തു തന്നത് അവരായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിൽ പിടിപ്പത് പണിയ ഞാൻ പേറ്റുമരുന്ന് തിന്നുമ്പോൾ നീ മെല്ല അടുത്തു വന്ന് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഒത്തിരി വാങ്ങിക്കഴിച്ചത് ഓർമ്മയുണ്ടോ നിനക്ക് ആ സീനുകളിലൂടെയല്ലേ ഈ മനസ്സിൽ പാറു എടുത്തിയ ഞാൻ കാണുന്നത് മനുവിനെ കുളിപ്പിക്കാൻ എന്നും അമ്മ പാറു എടുത്തി കാത്തിരിക്കും നാട്ടില് പ്രസവിച്ച കുട്ടികളെ കുളിപ്പിക്കാനും ചെക്ക് വൈദ്യരുടെ ചേരുവയിൽ പേറ്റുമരുന്നുണ്ടാക്കാനും പാർവെടുത്ത് തന്നെ വേണം കലത്തപ്പം ഉണ്ടാക്കാനും അവര് വിദഗ്ധയായിരുന്നു അതുണ്ടാക്കുന്ന ഒരു പ്രത്യേക കലാവിരുതാണ് ശരിക്കും മൂപ്പാക്കി ആര് കൂട്ടണം തിന്നുമ്പോ വറുത്ത തേങ്ങ കടിക്കണം കോതിപ്പിക്കല്ലേ അമ്മേടക്കാർ നിന്നെ കുളിപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ ഇവനൊരു ഇമ്പ്രി കുഞ്ഞടി അന്ന് രണ്ടു കാലുകൾ ചേർത്ത് ഇവനെ കിടത്തിയാണ് പാർവെടുത്തി കുളിപ്പിക്കുക വെള്ളം അവത്താവുമ്പോൾ ഇവൻ വിമ്മിട്ടപ്പെടുന്ന എനിക്ക് കണ്ടിരിക്കാൻ കഴിയില്ല കൂളി കഴിഞ്ഞ പാറുവേടത്തിയുടെ വക ഒരു സൂത്രപ്രയോഗമുണ്ട് തന്റെ വായമുണ്ട് ഇവന്റെ മൂക്കിന് വെള്ള വലിച്ചെടുക്കും അയ്യേ ഏ എന്താ അയ്യേ അതുകൊണ്ടല്ലേ ഞാനിവിടെ ജീവനോടെ ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് പാറുവേടത്തിയുടെ വലത്തെ പാദത്തിലെ വലിയ വിരലിന് മുകളിൽ ശരിക്കും ഒരു ഗോട്ടി രൂപത്തിൽ ഇറച്ചിത്തൊടുത്തു നിന്നത് ഞാൻ ഓർക്കുന്നു പലപ്പോഴും അതെടുക്കാനായിരുന്നു എന്റെ ശ്രമം ഒക്കെ ഓർമ്മയുണ്ടല്ലേ ഒരു കൊല്ലായി അവരെ കണ്ടിട്ട് ഒന്ന് കാണാമല്ലാത്തൊരു മോഹം കഴിഞ്ഞ കൊല്ലം താറവാട്ടിൽ പോയപ്പോ അതിന് കഴിഞ്ഞില്ലേ കൊടുക്കാൻ കരുതി വെച്ച മുണ്ടും കാശും വേലായുതന്റെ കൈയിലാ കൊടുത്തയച്ചത് അവൻ പറഞ്ഞു പാർവെടുത്തി പണ്ടത്തെ പോലെ പുറത്തൊന്നും പോവാറില്ലെന്ന് അവരുടെ താറാട്ട് കേട്ടാലേ നീ അന്ന് ഈ അമ്മ കൂടി ഉറങ്ങിപ്പോകുന്നല്ലയ്യാ ഇന്ന് ഏതെങ്കിലും കുട്ടിക്ക് ആ ഭാഗ്യം കിട്ടാറുണ്ടോ ഒക്കെ ഒരു കാലം എട ചെക്കാ നിന്നോട് ഈ ചേച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഓ കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണേ എന്നാലേ എന്റെ പൊന്നനിയൻ ഒരു കാര്യം ചെയ്തോ നാളെ നിന്റെ പ്രതിശ്രുത വധുവിനും മറ്റും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ എനിക്ക് കരുതി വെച്ചത് ക്യാഷായിട്ട് ഇങ്ങനെ തന്നാ മതി അതെങ്ങനെ സുമേച്ചി ശരിയാവാ അതൊരാചാരല്ലേ ഞാൻ സമ്മാനിക്കുന്ന സാരി ധരിച്ചല്ലേ സുമേച്ചി എന്റെ കല്യാണത്തിന് പങ്കെടുക്കേണ്ടത് അതൊക്കെ ശെരി അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാ പക്ഷേ നമ്മള് പോണ കടയില് എനിക്കിഷ്ടപ്പെട്ടത് ഇല്ലെങ്കിലോ നീ തരുന്ന ക്യാഷുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിച്ചോളാടാ ഒരു സുന്ദരി ഇവിടെ കടന്നു വരുന്നുണ്ടല്ലോ ഭ്രമം കൊണ്ട് ഭ്രമണം ചെയ്യപ്പെടാൻ പോണേയുള്ളൂ നീ ഓ ആയിക്കോട്ടെ ആ കളിവാക്ക് നിർത്തിക്കോ അച്ഛൻ വരുന്നുണ്ട് സുമേ അച്ഛന് കുടിക്കാൻ ഒത്തിരി വെള്ളം ും കക്ഷിക്കാണ് കൊണ്ടൊടുക്കണെങ്കിൽ വരാൻ ശരിയാ ചേച്ചി കൊണ്ടു കൊടുക്കുന്നത് മഴ നിറഞ്ഞ അളിയും വരുന്ന സമയത്തായിരിക്കും കണ്ടറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ കൊണ്ടറിഞ്ഞ് കേൾക്കേണ്ടി വരും കേട്ടോ തിരുവാല നിർത്ത് ഞാൻ പറഞ്ഞില്ലേ വലുതായാൽ നിർത്തിവെക്കണം കേൾക്കാൻ ആസിക്കണ്ടോ ഇനി ഞാൻ കടന്നു വരണ കക്ഷിയോട് ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഈ ചെല്ലപ്പേര് നിങ്ങള് തമ്മിൽ ഷണ്ട കൊടുമ്പോ അവളിക്കാലോ ആ ആ രണ്ടു പേരും ഒന്ന് നിർത്ത് പോയ കാര്യം എന്തായാലും വാധ് വിവാഹ കാര്യങ്ങളൊക്കെ വധുവിന്റെ വീട്ടിൽ വെച്ച് നടത്തും അതുകൊണ്ട് ആവക കാര്യങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്തം പിന്നെ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നത് റിസെപ്ഷനിലേക്കല്ലേ അതിലച്ച ഓഡിറ്റോറിയം അതനുസരിച്ചുള്ള ഇൻവിറ്റേഷൻ കൊടുത്തോണ്ടിരിക്കണോ തീർന്നോ എടാ അതല്ല അച്ഛൻ ചോദിച്ചത് നിന്റെ സംസാരം തീർന്നോ എന്നാണ് എഡിമോളെ നല്ല ഹോള് ഫൈൻ സ്റ്റേജ് ഡെക്കറേഷൻ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാർ പാർക്കിങ്ങിന് സൗകര്യം പോരേ പോരാ രുചിയുള്ള ഭക്ഷണം കൂടി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കിയൊക്കെ മൈനസാ അതാണ് സുമേശി പറയുന്നത് അല്ല വെപ്പുകാരി ഒക്കെ കണ്ടു മാധവേട്ടാ ഓ അച്ഛനൊരു കാര്യം ബോധ്യായി പണം മാത്രം മതി അതുണ്ടെങ്കിൽ ഈ കാലത്ത് ഇതൊക്കെ കസേരയിലിരുന്ന് നടത്താം ഓടാനും ചാടാനും ഒന്നും വേണ്ട ഓ മനസിലാവുന്നത് എടീ ഇവളുടെ കല്യാണം തറവാട്ടിൽ വെച്ച് നടത്തിയപ്പോ എന്തെങ്കിലും ഒരു വിഷമം ഈ അച്ഛനായി ഞാൻ അറിഞ്ഞിരുന്നോ പന്തല് കെട്ടല് പാത്രം കൊണ്ടുവരല് തോരണം തൂക്കല് സദ്യ ഒരുക്കല് ഒക്കെ നടത്തിയത് അയൽക്കാരും ചങ്ങാതികളും ഈ കൂട്ടുകാരും ഒക്കെയായിരുന്നു അത് നാട്ടില് അച്ഛ സ്കൂൾ വെക്കേഷൻ വരുമ്പോഴേ സത്യത്തിൽ എനിക്കും മനുവിനും ഉത്സവകാലമാ അച്ഛന്റെ തറവാട്ടു വീട്ടിൽ എത്താനുള്ള ധൃതി കുളം മരം കുരുവികള് കൂട്ടുകാര് കളി ഓട്ടം ഓഹ് എന്തൊരു നല്ല കാലായിരുന്നു സന്ധ്യായാൽ കളി കഴിഞ്ഞു വരുമ്പോൾ അച്ഛമയുടെ ഒരു പതിവ് ചൊല്ലുണ്ട് മാങ്കുട്ടന്മാരെ പോലെ വരുന്നുണ്ട് രണ്ടു ആദ്യം എന്നിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് ഈ പട്ടണത്തിന്റെ ഓരത്ത് അച്ഛൻ എന്തിനാ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് നിങ്ങളുടെ വിദ്യാഭ്യാസം അച്ഛന്റെ ജോലി സ്ഥലത്തേക്കുള്ള പോക്കുവരവ് സൗകര്യം അതൊക്കെ തന്നെ മക്കള് വിഷമിക്കണ്ട അടുത്ത ദിവസം തന്നെ നമുക്ക് അവിടെ ഒത്തിരി ഈ പോക്കിൽ അമ്മ എങ്ങോട്ട് കൂട്ടണം മനുവിന്റെ കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് മാത്രേ അമ്മയെ തിരികെ കൊണ്ടുപോകൂ അത് കണ്ടറിയണം മാധവേട്ട ആ വീടും തൊടിയും പിരിഞ്ഞിരിക്കാൻ അമ്മ മനസ്സ് കാണിക്കില്ല പിന്നെ മനുവിന്റെ കല്യാണമായ സ്ഥിതിക്ക് കൊറച്ചു ദിവസം ഇവിടെ വന്ന് താമസിച്ചാലായി അതല്ല ഞാൻ നിർബന്ധിക്കും പിന്നെ നാട്ടില് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റൊക്കെ ഒരു പ്രധാന കക്ഷി മാത്രം അച്ചമ്മ നമ്മളെ പരിപാലിക്കാൻ അയച്ചു തന്ന പാറു ഓ പാറാടൻ കാട്ടിലെ പാറു എടുത്തി എന്താ ക്ഷണിക്കണ്ടേ ഏടി ആദ്യം ക്ഷണിക്കേണ്ടതാ അവരെയാ കത്തയച്ചാലും ഫോൺ വിളിച്ചാലും ഒന്നും അവരെ കിട്ടില്ല ഞാൻ തന്നെ പോവാൻ തീരുമാനിച്ചതാച്ചാ ആ എങ്ങനെ വഴിയൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ എത്ര കാലായി ഞാൻ കണ്ടിട്ട് ഗോട്ടി ഓർമ്മയുണ്ടോ മനുവിന് പാർവ്വെടുത്തിടെ പാദത്തിന്റെ മുകളിൽ പിന്നെ അതാണല്ലോ പാർവ്വെടുത്തിയുടെ സിഗ്നേച്ചർ അതെ അതെ നിങ്ങളെ പറ്റിയുള്ള ഓർമ്മ തന്നെയാണ് മോളെ ഈ അമ്മയ്ക്ക് സുഖം തരുന്നത് മാധവാ സുമമോക്ക് നീ ഒന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ ഇവളങ്ങ് മേലിഞ്ഞല്ലോ വാസുന്തി അത് അമ്മയ്ക്ക് തോന്നുന്നതാ കുശിമ്പ് കൂടിയപ്പോ അവനും കാർത്തും അടുത്ത വീട്ടിലെ പത്മാഷിയുടെ വീട്ടിൽ പോയതാ അവരുടെ പേരക്കുട്ടിയുടെ വിവാഹ നിശ്ചയ രണ്ടുപേരെയും ഞാൻ തന്നെ പറഞ്ഞത് അമ്മ ഇവിടെ തനിച്ചാക്കിട്ടോ ഇവിടെ എന്താ മലമറിക്കാനുള്ളത് കൃഷിയും കന്നുകാലികളും പോയ പിന്നെ ഈ വീട്ടിലെ ഒച്ചപ്പാടും ബഹളും ഒക്കെ തീർന്നില്ലേ അതെ അമ്മേ അച്ഛൻ മരിച്ചതിൽ പിന്നെ ഇതൊക്കെ പരിപാലിച്ച് നടത്താൻ പറ്റില്ലെന്ന് തോന്നിയത് വയലുകളൊക്കെ വിൽക്കാൻ ഞാൻ കൂടി സമ്മതിച്ചത് അതുകൊണ്ടൊരു കൊഴപ്പുണ്ടായില്ലോ വിറ്റ് കിട്ടിയത് വീതിച്ചെടുത്ത് നെയ്യത് നിന്റെ ജോലി സ്ഥലത്ത് എന്തോന്നാ മോളെ പറയ ഫോ ആ അതെന്നെ എന്തായാലും അത് ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് കൂട്ടുകാരുമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടു ഞാനൊന്നിനും തല കൊടുക്കാൻ പോയില്ല ഈ വീടൊക്കെ ഒന്ന് പത്രാസിലാക്കിയല്ലോ ഞാൻ വിചാരിച്ചു കച്ചവടത്തിന്റെ വരുമാനം കൊണ്ടായിരിക്കും ഓരോന്ന് വാങ്ങി പത്രാസ് കൂട്ടുമ്പോഴൊക്കെ ഈ അമ്മ ഒന്ന് വിലക്കി ആരോട് ഇന്ന് അടുപ്പില്ല പുകയില്ല മഴക്കാലം മുന്നിൽ കണ്ട് അച്ഛൻ സ്വരൂപിച്ച് വെക്കാറുള്ള വിറകുപൊര കൂടെ പൊളിച്ചു മാറ്റി പറ്റി ഒക്കത്തിന് സുച്ചിട്ടാ മതിയല്ലോ തീറ്റ റെഡി അരവ് റെഡി കണറ്റിലെ വെള്ളം റെഡി ചിരട്ട കത്തിച്ച് ഇസ്ത്രീ പെട്ടിയില് നിറയ്ക്കണ്ട അലക്കണ്ട ആറ്റാനിടണ്ട ഉള്ളതും കഴിച്ച് ആ കുന്ത്രാണ്ടത്തിന്റെ മുമ്പിലിരിക്ക ജീവിതം സുഖം മനസിലായിലേ നമ്മുടെ ടി വി ഞാൻ വിചാരിക്കാറുണ്ട് ഒരു മെഷീനും കൂടി കണ്ടുപിടിക്കണം അതെന്താച്ചേ സാമയാവുമ്പോ എല്ലാം ഒരുക്കി കൂട്ടി വായിലോട്ട് ും ഒക്കെ പൊലിഞ്ഞതുപോലെ എങ്ങനെ പൊലിയതിരിക്കും മാധവാ പറമ്പിനും വീടിനും ഐശ്വര്യം കിട്ടാൻ ഒരു പശുവും തൊഴുത്തും മതി അവിടെ കഴിച്ചു കെട്ടി ഇവിടെ മാറ്റിക്കെട്ടി അതിന്റെ ചാണകവും മൂത്രവും കൊണ്ട് തന്നെ മണ്ണ് ഫലഭൂയിഷ്ടമാകും പിന്നെ തൊടിയിലെ ചക്കയും മാങ്ങയും തേങ്ങയും പച്ചക്കറികൾ ഒക്കെ സുലഭ സമയത്തിന് അവറ്റകൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കേണ്ട ബോധമുള്ളത് കൊണ്ട് മനസ്സിനൊരുതരം കാത്തിരിപ്പും ആനന്ദവും വേറെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരോട് പറയാൻ നേരാ ഏതായാലും അമ്മ ഈ വയസ്സുകാലത്ത് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട ഇനിയോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലേ മോനെ ഉദ്ധവർ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചതുപോലെ അനായാസേന മരണം അത്രേയുള്ളു നിങ്ങളൊക്കെ നല്ലോണം ജീവിക്കുന്നത് കണ്ടില്ലേ അത് തന്നെ ഭാഗ്യം മാധവേട്ടാ ഈ മടക്കയാത്ര നമുക്ക് അമ്മയെ കൂടി കൂട്ടണം കൊറച്ചു ദിവസം അമ്മ നമ്മുടെ കൂടെ താമസിക്കട്ടെ നല്ല കഥ ഫ്ലാറ്റിലെ പാലുകാച്ചൽ കർമ്മം കഴിഞ്ഞ് ധൃതി പിടിച്ച് ടാക്സി വിളിപ്പിച്ച് അമ്മ മടങ്ങിപ്പോന്ന കാര്യം വസന്തി മാറുന്നോ അതിനൊന്നു ഈ അമ്മയോട് പരിഭവം വേണ്ട മക്കളെ ഇവിടം വിട്ട് എവിടെ അമ്മയ്ക്ക് ഇരിക്കെ പുറതെ കിട്ടില്ല നിങ്ങളുടെ അച്ഛൻ ഇരുന്ന ആ കസേരയ്ക്ക് അടുത്തിരിക്കുന്ന സുഖം ഈ ലോകത്ത് മറ്റെവിട്ടും കിട്ടില്ലേ മക്കളെ ആ ആത്മാവിന്റെ സാന്നിധ്യം ഞാൻ അവിടെ അനുഭവിച്ചിട്ടുണ്ട് അച്ഛനെ ഓർക്കുമ്പോഴൊക്കെ അമ്മയുടെ സ്ഥിതി ഇതാണ് പഴയതെന്ന് ആ കസാര ോ എടുത്തുകൊടുത്തില്ലേ എത്രയോ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു അമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല മോനെ അചേതന വസ്തുവാണെങ്കിലും എന്തോ ഏ അമ്മ ആ കസേരിക്കൊരു ജീവൻ കണ്ടെത്തുന്നു എന്തൊക്കെ കാര്യങ്ങൾ കഥകൾ നിങ്ങളുടെ അച്ഛൻ അതിലിരുന്ന് പറഞ്ഞു ഇതാ ഈ തിണ്ണയില് ഞാനിരുന്ന് അച്ഛൻ പറയുന്നതൊക്കെ കേട്ടിരിക്കും മാലം വരട്ടെ ആ കസേര എവിടെയാണെങ്കിലും ഞാൻ തേടി പിടിച്ചു കൊണ്ടുവരും അച്ഛൻ ഇരുന്ന ആ കസേര ഈ തറവാട് കോലായിൽ നിന്ന് മാറ്റാൻ അവന് തോന്നിയ മനസ്സ് കടുപ്പം തന്നെ അവനത് ചെയ്യുമ്പോ അമ്മയെന്തേ തടയാഞ്ഞത് കോലായി കുത്തി ഈ പരുവത്തിലാക്കിയതും മുറ്റം നിറച്ച് ടൈൽസ് പാകിയതും നീ കാണുന്നില്ലേ പണിക്കാരുടെ ബഹളത്തിനിടയിൽ ഈ അമ്മയ്ക്കത് ശ്രദ്ധിക്കാനായില്ല മൊനെ തണല് തരുന്ന നല്ലൊരു ഒട്ടുമാവ് ആ മുറ്റക്കുള്ളിൽ ഉണ്ടായിരുന്നു മുറ്റം വെറുതെ വീതി കൂട്ടി അതിന്റെ കഥയും കഴിച്ചു അതും മുറിച്ചു എന്തൊരു കഷ്ട മനുഷ്യ ജീവിതം തന്നെ ഒരുതരം കസേരക്കളിയല്ലേ മോനെ മത്സരിച്ച് മത്സരിച്ച് കൈയടക്കുക എന്തിന് എത്ര തനിക്ക് ഈ ഭൂമുഖത്ത് കിട്ടിയ ചെറിയ കാലത്തെ ഒരു ചിന്തയും കസരയെ പറ്റി തർക്കിച്ച് നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട എന്നാലും ഒരു എന്നാലും ഇല്ല മാധവേട്ടൻ ബാലൻ അറിയാതെ അതൊന്നന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്ത് വില കൊടുത്തും അത് തിരിച്ചെടുക്കാൻ നോക്കണം മോളെ അടുക്കളയിലേക്ക് ചെല്ലെ പാകപ്പെടുത്തി വെച്ചിട്ടുള്ളത് എനിക്ക് കഴിക്കാനുള്ളത് മാത്രേ കാണു സാധനങ്ങളൊക്കെ അടുക്കളയിലുണ്ട് ഒന്നിനൊരു കുറവുമില്ല ആ അയ്യോ മോളേ എന്റെ കൈ ഒന്ന് താങ് ഞാനാ അടുത്തിരുന്ന ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ചു തരാ ഏഹ് അമ്മ കറിക്കൂട്ട് കൂട്ടി തന്നാ മതി മാധവേട്ടൻ എന്നും പറയും അമ്മ ചാലിച്ചു തരുന്ന കറിയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണെന്ന് ഏതമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും സ്വാദ് കാണും അതിന്റെ രഹസ്യം എന്താണെന്നറിയോ അതെന്താ ആ രഹസ്യം ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ സ്നേഹം വേണം എവിടുന്ന് കിട്ടി മാധവ സത്യം എന്റെ കണ്ണു നിറയുന്നു മാധവം പറഞ്ഞ പറഞ്ഞത് തന്നെയാ ഉടപളി വാസുവിനെയാണ് ആദ്യം തന്നെ എന്റെ മനസ്സ് തോന്നിയത് അവന്റെ ഉടപളിശാലയിൽ ചെന്നപ്പോഴേ എന്റെ കണ്ണു തള്ളിപ്പോയി ഈ മരക്കസേരയമ്മൽ എഴുതി വെച്ചിരിക്കലെ ആയില്ലേ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്ക് എന്നെ കണ്ടപ്പോ തന്നെ കക്ഷിക്ക് കാര്യം പിടികിട്ടി എന്റെ ദേഷ്യത്തിന് മുമ്പിൽ അവനൊന്ന് പതറി നീ ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് കട്ടെടുത്ത കസേരയാണിതെന്ന് പോലീസ് പരാതി പറയുന്നു പറഞ്ഞപ്പോ പേടിപ്പിച്ചതാ ആള് വഴങ്ങി തിരിച്ചു തന്നപ്പോ നീ അവനൊന്നും മാധവ അത് തെറ്റല്ലേ അമ്മേ അവൻ കൊടുത്ത വില പറയിപ്പിച്ച് തിരിച്ചു വാങ്ങിപ്പിച്ചു എത്രയായി അതമ്മ കേൾക്കണ്ട കൂടുതൽ സങ്കടപ്പെടും ചില വസ്തുക്കൾക്ക് നമ്മള് കാണുന്ന വില മറ്റുള്ളവർക്കാണില്ല എനിക്ക് സന്തോഷായി മാധവ സത്യത്തില് നിന്നെവിടെ വരുത്തച്ചത് അച്ഛൻ തന്നെ ആയിരിക്കും പ്രാർത്ഥനക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ മറുപടി ഉണ്ടാവും ഞാൻ കുട്ടിയായിരുന്നപ്പോ അമ്മ പറഞ്ഞു തന്ന ഇതിഹാസ കഥ ഓർത്താപ്പോ വസ്ത്രാക്ഷേപ പാഞ്ചാലിയുടെ രോദനം നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് മുമ്പില് ശ്രീകൃഷ്ണൻ വന്നെത്തിയത് ഭക്ത പ്രഹ്ലാദന്റെ ൊത്തിവെച്ച പോലും എവിടെ എന്റെ അനുജൻ അവൻ വന്നോ ആ നിങ്ങളൊക്കെ വന്നത് അറിഞ്ഞതും ടൗണിൽ പോയി പീഡിപ്പതും മത്സ്യവും മറ്റും വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാരും കൂടി അടുക്കളയിൽ ചേർന്ന് ഒരുക്കാണ് ഏതായാലും േട്ടനു ചോദിക്കാനുള്ള ചോദിക്കണല്ലോ അമ്മയെ പറയുന്നത് ഒരു ചോദ്യവും വിസ്താരവും വേണ്ട മോനെ കൊലായില് വരുമ്പോ ഞാനീ കസേരയില് ഗമയിലിരിക്കുന്നത് അവനൊന്നു കാണുന്നു ബാക്കി നീ പോയതിന് ശേഷം കൊടുക്കണ്ട പോലെ ഞാൻ കൊടുത്തോളൂ പോരേ ആയിക്കോട്ടെ ഓക്കെ അമ്മയുടെ ഇഷ്ടം പോലെ ഏതമ്മമാർക്കും എത്ര മക്കളുണ്ടായാലും അമ്മയുടെ ഇഷ്ടം കണ്ടറിഞ്ഞു ചെയ്യുന്ന മോനോ മോളോ കാണും ഹായ് അച്ഛമ്മ എന്തൊരു ഗമയ അച്ഛമ്മയുടെ ഈ ഇരുത്തത്തിന് നിന്റെ അച്ചാച്ചൻ മരിച്ച പിന്നെ യില് ഞാനിരിക്കാറില്ല ഈ തിണ്ണയിലിരുന്ന് ഞങ്ങൾ പരസ്പരം ഓരോ കാര്യങ്ങൾ പറയും എന്തൊക്കെ വിശേഷങ്ങൾ ഈ വീടിനെ പറ്റി മാധവനെ പറ്റി പേരക്കുട്ടികളായ നിങ്ങളെപ്പറ്റി കൃഷിയെപ്പറ്റി ആലയിലെ കറമ്പി പശുവിനെ പറ്റി അങ്ങനെ എന്തൊക്കെ ഒടുങ്ങാത്ത കാര്യങ്ങൾ അതൊക്കെ നിന്റെ അച്ഛന്റെ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നോ ആ മാറി നിക്ക് ഞാൻ നിലത്തിരുന്ന് അമ്മയുടെ മടിയിൽ തല ചേർത്തിരിക്കട്ടെ ഞാൻ നിലത്ത് കിടന്ന് അച്ഛന്റെ മടിയിൽ തല ചായ ും എന്നിട്ട് തയ്യാറും ഞാൻ പോയി വിളിച്ചോണ്ടുവരാം എന്താ എന്റെ പേര് പറഞ്ഞത് സെൽഫി അച്ഛമ്മക്ക് ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ എല്ലാരും റെഡി ചെറിയും ചെറിയ മീൻ ഒന്നുകൂടി ഒന്ന് ഓക്കെ അച്ഛമ്മുട്ടി മുഖത്ത് വേണ്ടിപ്പിക്കാൻ പറഞ്ഞല്ലേ ഞാൻ എന്നാ റെഡി വൺ ടൂ ത്രീ നന്നായോ നോക്കട്ടെ വേണ്ട വേണ്ട വേണ്ട എന്റെ അച്ഛൻ ആദ്യം കാണട്ടെ അയ്യോ എന്താ കഥ കൃഷ്ണായിട്ടുണ്ട് മാധവാ ഈ ചിത്രം ഒന്നുകൂടി വലുതാക്കി ഈ ചുമര് തൂക്കണം ഒരു നോക്കുകൊണ്ട് നിങ്ങളെല്ലാരും ഈ അച്ചമ്മക്ക് കാണാലോ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യാമേ ോട്ടെ പിന്നെ നിന്റെ അച്ഛന്റെ കൂട്ടാളിയില്ലേ നമ്മുടെ ഗുമസ്തൻ കരുണാകരൻ അയാള് ഗുമസ്തനൊന്നും അതിന്റെ മുകളിലൊക്കെ പടുപ്പ് കഴിഞ്ഞ് എന്തോ ഒരു പേരുണ്ടല്ലോ അതെ അതെ ഇവിടെ ഇടയ്ക്ക് എന്നെ കാണാൻ വരും ഒറ്റക്കുറുക്കനെ പോലെ ഇരിക്കുന്ന എനിക്ക് അവനൊക്കെ വരുന്ന വല്യ ആശ്വാസമാണ് ഒത്തിരി നേരം മൂപ്പര് പഴയ കഥകൾ പറഞ്ഞിരിക്കും കുടിക്കാൻ എടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മൂപ്പര് എഴുന്നേറ്റ് യാത്ര പറയും കഥ പറച്ചിലിന് മുറിവ് അത്ര ആദരവ് പിന്നെ ഞാൻ കാട്ടാറില്ല രവിനും ഓരോ അനുഭവങ്ങളും മൂപ്പര് പറയുമ്പോ സത്യത്തിൽ ഈ അമ്മയ്ക്ക് വിഷമം തോന്നും മാധവാൻഷനായ ശേഷം ഈ പറമ്പുകളൊക്കെ അളന്ന് തിട്ടപ്പെടുത്താനല്ലേ മൂപ്പരെ പലരും കൊണ്ടുപോണത് അതെ സർവേ ചെയ്ത് അളന്നു കൊടുത്താല് നാല് കാശ് കിട്ടണ കാര്യവും മൂപ്പര് പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂപ്പരുടെ അനുഭവം അമ്മയോട് പറഞ്ഞപ്പോ കരഞ്ഞുപോയി മോനെ എന്തായിരുന്നു അമ്മയത് ഒരു കുടുംബത്തിലെ അച്ഛൻ മരിച്ച ശേഷമുള്ള ഭാഗം വെക്കല് മൂന്ന് മക്കള് മൂന്ന് പേരും പോരുന്നോർ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അമ്മയുടെ മരണശേഷം പ്രാബല്യത്തിൽ വരാനുള്ള വ്യവസ്ഥയിൽ ഒസ്യത്ത് ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലതെന്ന് കരുണാകരമൂപ്പര് പറഞ്ഞു ആർക്കും സമ്മതായില്ല ഒടുവില് മക്കള് തമ്മില് തീരുമാനമായി സ്വത്ത് മുഴുവൻ വിൽക്കാന്നും അമ്മയെ ഓരോരുത്തരായി രണ്ടു മാസം വീതം ശുശ്രൂഷിക്കാന്നു അമ്മ കൂടി അതിന് സമ്മതം കൊടുത്തപ്പോ സൂപ്രണ്ട് പറയ പിന്നെ ഞാൻ എന്തു പറയാനാന്ന് കേട്ടോ സംഗതി അതുപോലെ നടന്നു രജിസ്ട്രേഷനും കഴിഞ്ഞു എന്റെ മാധവാ കേട്ടപ്പോ സങ്കടം തോന്നി കേട്ടോ രണ്ടു മാസം കഴിയുന്ന ദിവസം ക്ഷയിലെ അമ്മയെ കയറ്റി മറ്റൊരു മകൻറെ ഗേറ്റിനടുത്തു നിന്നും ഹോണടിക്കുന്ന ശബ്ദം സത്യത്തിൽ ഈ കൂടി നെഞ്ചിടിപ്പിക്കുന്നതായിരുന്നു മോനെ ഇങ്ങനെയുള്ള മക്കൾക്കിടയില് ആ അമ്മ വെന്തുരുക്കി നേരത്തെ പോയി കാണും അത് തന്നെ നല്ലത് സുമേ മോളെ ആ ധർമ്മക്കാരും വരുന്നുണ്ട് വല്ലതും കൊടുക്കണം ആ ഞാൻ തന്നെ എഴുന്നേറ്റ് പോണം ഞാനിതിനൊക്കെ കോന്തലയിൽ വല്ലതും ചുരുട്ടി വെക്കും ഇന്നത് മറന്നു അമ്മ അച്ഛമ്മോ ആ വിളിച്ചു പോവാതെ നിക്കേ അച്ഛൻ ചെയ്യുന്നത് കാണു ആ ഭിക്ഷകാരന് അച്ഛൻ എന്താ കൊടുക്കണേ മോളത് കണ്ടുപഠിക്കി എത്ര ഭവ്യതയോടാണ് അച്ഛൻ അയാൾക്ക് ധർമ്മം കൊടുത്തത് ഇല്ലാഞ്ഞിട്ടാണ് ഒരാള് കൈ നീട്ടുന്നത് കൊടുക്കാനുണ്ടെങ്കിലേ അത് ഭവ്യതയോടെ വേണം നമ്മളത് ചെയ്യാൻ ശരിയച്ചേ മോളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിലോ സ്കൂളിലോ പഠിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല ധർമ്മത്തിന്റെയും പാഠങ്ങൾ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ആർജിക്കേണ്ടതാണ് ഈ അമ്മയ്ക്ക് കഷ്ടം തോന്നും എന്റെ ഈശ്വര ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഗുണശീലങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള മനക്കരുത്ത് ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ മാധവ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പണം മാത്രം മതി എന്ന സ്ഥിതിയായിട്ടില്ലേ നടുവയോട്ടം ശിവ ശിവ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇത്തരം നല്ല ശീലങ്ങളെ വളർത്തുന്ന പുരാണ കഥകൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ആവോ ഞങ്ങള് പഠിക്കണ കാലത്ത് നബി തിരുമേനിയുടെയും ക്രിസ്തുദേവന്റെയും ഹരിചന്ദ്രന്റെയും പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അയ്യോ അച്ഛമ്മേ ഇന്ന് ന്യൂജനാണ് എന്തോ കാലം മാറിയില്ലേ മരണത്തെപ്പോലും കുറച്ചു നേരത്തേക്ക് ഇപ്പൊ മാറ്റി നിർത്താം മോളേ ആ ധർമ്മക്കാരും വരുന്നുണ്ട് വല്ലതും കൊടുക്കണം ആ ഞാൻ തന്നെ എഴുന്നേറ്റ് പോണം ഞാനിതിനൊക്കെ കോന്തലയിൽ വല്ലതും ചുരുട്ടിവയ്ക്കും ഇന്നത് മറന്നു അമ്മ എഴുന്നേക്കണ്ട വിളിച്ചു പോവാതെ നിക്കേ അച്ഛൻ ചെയ്യുന്നത് കാണു ആ ഭിക്ഷക്കാരന് അച്ഛൻ എന്താ കൊടുക്കണേ മോളത് കണ്ടുപഠിക്കു എത്ര ഭവ്യതയോടാണ് അച്ഛൻ അയാൾക്ക് ധർമ്മം കൊടുത്തത് ഞ്ഞിട്ടാണ് ഒരാള് കൈ നീട്ടുന്നത് കൊടുക്കാനുണ്ടെങ്കിലേ അത് ഭവ്യതയോടെ വേണം നമ്മളത് ചെയ്യാൻ ശരിയച്ച മോളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിലോ സ്കൂളിലോ പഠിച്ചത് കിട്ടുന്നതല്ല ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പാഠങ്ങൾ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ആർജിക്കേണ്ടതാണ് ഈ അമ്മയ്ക്ക് കഷ്ടം തോന്നുന്നു എന്റെ ഈശ്വരാ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഗുണശീലങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്ന് സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള മനക്കരുത്ത് ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള വിവേചന ജീവിതത്തെ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ മാധവ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പണം മാത്രം മതി എന്ന സ്ഥിതിയായിട്ടില്ലേ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 എന്താ മാധവ് പറയുന്നത് പഠിച്ചു പഠിച്ച തല തിരിഞ്ഞോ അവള് പറയട്ടെ അതെന്താന്ന് അച്ഛനറിയില്ലേ എന്റെ ക്ലാസ്സിലെ ചാരുവിന്റെ അച്ഛമ്മ അവരുടെ മക്കള് എല്ലാരും ഗൾഫിലായിരുന്നു ഒരാൾ അമേരിക്കയിലും അമേരിക്കക്കാരൻ വരാൻ വൈകുന്നറിഞ്ഞ് മുൻകൂട്ടി അച്ചമ്മയെ ആശുപത്രിയിൽ കിടത്തി അതിനെന്താ അത്ഭുതം സൂക്കട് മാറിക്കിട്ടാനല്ല ആശുപത്രിയിൽ കിടത്തിയത് അവിടെ അച്ചമ്മയ്ക്ക് തെറ്റി പറ്റീ മതി മതി നിന്റെ പയ്യാരം നിർത്ത് പറയട്ടെ അവള് പറയട്ടെ കൂടി ചേർന്നിരിക്കുമ്പോഴല്ലേ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റൂ ആശുപത്രിയിൽ മോൾഡ് ചങ്ങാതിയുടെ അച്ചമ്മ സുഖം പ്രാപിച്ചോ ഇല്ല അച്ചമ്മ വെന്റിലേറ്ററിൽ കിടത്തിയതാ എന്തോന്ന് അങ്ങനെ ഒരു ഉപകരണം ഉണ്ടമ്മേ സ്വന്തമായി ശ്വാസെടുക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യര് മരണത്തിലേക്ക് ആഴുമ്പോ അവർക്ക് ജീവൻ നിലനിർത്തി പോരുന്നൊരു ഉപകരണം അതിന്റെ പേരാ അവള് പറഞ്ഞത് അതെടുത്തു മാറ്റിയാലോ കാറ്റുപോയി എന്റെ ഈശ്വരാ എന്താ ഈ കേക്കുന്നത് എന്താ സംഗതി നടന്നില്ലേ അവസാന നിമിഷം ആളെ ജീവനോടെ കാണാൻ കഴിഞ്ഞു ആശുപത്രികാർക്ക് വയറു നിറച്ച് പണവും കിട്ടി മക്കളെ ഈ അച്ഛമ്മ ഒന്നിങ്ങനെ മരിപ്പിക്കരുത് ജീവൻ പോയാല് അച്ഛൻ ഇരുന്ന കസേരയ്ക്ക് അടുത്തിരുന്ന പോലെ ആ കുഴിമാടത്തിന് തൊട്ടടുത്ത് തന്നെ വെക്കണം കേട്ടോ മാധവാ ഇനി ഉണ്ടോടി ഇങ്ങനെ വല്ലതും ഊണ് റെഡിയായി വരൂ എല്ലാരും വരൂ അമ്മേ വരൂ അന്നം തൊണ്ടേന്ന് ഇറങ്ങുമ്പോളെ കാലത്തിന്റെ പുരോഗതി കേൾക്കുമ്പോ അമ്മ പതി എഴുന്നേക്ക് ഭക്ഷണത്തിന്റെ വിഭവങ്ങളൊക്കെ കേമായി പക്ഷേ ദിവസം കഴിക്കുന്നത്ര കഴിക്കാൻ പറ്റിയില്ല എങ്ങനെ പറ്റും അത്തരം കഥകളല്ലേ അമ്മയെ കേൾപ്പിച്ചത് സുമമോളെ നീ അമ്മേശപ്പുറത്ത് വെച്ച റേഡിയോ ഇങ്ങെടുത്തോ മാധവനോട് സംസാരിച്ചിരിക്കുകയും റേഡിയോ കേൾക്കുകയും ചെയ്യടെ ഈ പഴയ കൂട്ടുകാരൻ ഇപ്പോഴും ഇതിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ലേ മാധവ ആകാശവാണി ഓൺ ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ചാ പോരേ പാട്ടും വാർത്തയും വർത്തമാനവും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന് നമുക്ക് നമ്മുടെ ജോലിയും ചെയ്തു തീർക്കാം ഇരുന്ന് കേട്ട് കേട്ടൊരു മയക്കം അത്രേ പിന്നെ ഉറങ്ങി പോവും അതല്ലേ ചുമ നല്ലത് പകലുറങ്ങിയാൽ പിന്നെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരില്ല ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിയില്ല ഞാൻ പലപ്പോഴും ഈ ചലച്ചിത്ര കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകും വിദഗ്ധരായവർ എഴുതിയ വരികൾ അത് സംവിധാനം ചെയ്ത ഗാനശില്പികൾ നമ്മെ കേൾപ്പിക്കുന്ന സ്വരമാധുരിയുള്ള ഗായകർ ഇവരൊക്കെ നമ്മളെ ആ നാദബ്രഹ്മത്തിൽ ഊഞ്ഞാലിലാട്ടുന്നു ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ഭാഗ്യം മറ്റൊരു ഭാഗത്ത് ആരും കേൾക്കാത്തതും കാണാനും ഇഷ്ടപ്പെടാത്തതും കേൾക്കാനും കാണാനും നിർബന്ധിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ ലോകം തന്നെ അതുതന്നെയാണല്ലോ നല്ലതും ചീത്തയും രാവും പകലും കയ്പും മധുരവും ഭഗവാൻ തന്റെ വിശ്വദർശനത്തിലൂടെ അർജുനന് കാട്ടിക്കൊടുത്തതും അതുതന്നെ മനുൻറെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ അമ്മയെ കൂട്ടാൻ വരാം അത്ര വേണോ മാധവ ഒരു ദിവസം മുമ്പ് ഞാൻ എത്തിയ പോരെ പോരാ അമ്മ തന്നെ വേണം ഒക്കെ നിയന്ത്രിക്കുന്നുള്ളൂ മോളെ ധൈര്യത്തിന് അമ്മ അടുത്തില്ലാതെ എന്റെ അമ്മ മതി മതി നിന്റെ സങ്കടം കാണണ്ട എപ്പോഴാന്ന് വെച്ച വന്നോട്ടെ പിന്നെ ഈ പാറുവിന്റെ കാര്യം മറക്കരുതേ മോനെ മനുവിനെ പ്രസവിച്ച ശേഷം ഈ തറവാട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ അവരെ പരിപാലിക്കാൻ ആറു മാസക്കാലം പാറും ഇവിടെ ഉണ്ടായിരുന്നു എനിക്കത് വലിയ ആശ്വാസമായിരുന്നു കാലം കൊറേ കഴിഞ്ഞിട്ടും ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ ഇവിടെ വരാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോ ശരീരത്തിന്റെ വല്ലായ്മ പറഞ്ഞു വരുമ്പോഴൊക്കെ മനസ്സറിഞ്ഞ് ഞാൻ വല്ലതും കൊടുക്കും അവർക്കൊക്കെ എത്ര കൊടുത്താലും മതിയാവില്ല മനു തന്നെ പോയി ക്ഷണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് മാത്രം മതിയോ കസവുമുണ്ട് നേരിയത് കുറച്ച് സംഖ്യയും പ്രത്യേകം പാക്കാക്കി വെച്ചിട്ടുണ്ട് മനുവിന് അവളെ കണ്ടാ മനസ്സിലാവോ ഓ പാറുവേടത്തിടെ വലത്തെ കാൽപാദത്തിലെ ഗോട്ടി പോലുള്ള ചെറിയ മാംസളമല്ലേ അച്ഛമ്മ അടയാളം ഓഹോ അത് ഓർമ്മയുണ്ട് ബുദ്ധി <laughs> <laughs> बैक बैक <laughs> ീ യാത്രാ തിരക്കില് നീ എന്താ കാണിക്കുന്ന മാധവ അതൊക്കെ അമ്മയുടെ പഴയ തുണികളാ നിലം തുടക്കാനായി മാറ്റിവെച്ചതാ ആയിക്കോട്ടെ അമ്മ ധരിച്ചു പഴകിയത് തന്നെ വേണം എനിക്ക് എന്തോന്ന ഇത് എന്റെ കരിമ്പിനടിച്ച ബ്ലൗസും മേൽമുണ്ടും അതൊക്കെ എടുത്ത് കൈപ്പിടിച്ചെന്തിനാ മോളെ ഇതാ അമ്മയോട് പറ ഇതുകൂടി നല്ലോണം പാക്ക് ചെയ്ത് ബാഗിൽ വെക്കാൻ മോനെ അമ്മയെ ഓർക്കാൻ ഒരു മക്കൾക്കും ഇത്ര അടയാളങ്ങൾ ആവശ്യമില്ല എന്നാലും ഒരിഷ്ടം ഇതൊക്കെ വേണമെന്നൊരു എന്റെ പേരമക്കള് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അച്ഛൻ പറയുന്നത് ഇതേ ഇഷ്ടം നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണം ഓ ശരി അമ്മമാർക്ക് ഒരു മണുണ്ട് ഇളം തന്നെ ലെത്തിച്ചു തരുന്ന ഒരു തരം അമ്മ മണം പറയുന്ന കുട്ടപ്പനെ പറ്റി പാറുവേടത്തി പറഞ്ഞിട്ടാണ് അമ്മയും അറിയുന്നത് പേര് ലോപിച്ച് താശാപ്പനെന്ന് പറയുന്ന അവരുടെ ചായക്കടയ്ക്ക് അരികിലാണ് പാറുവേടത്തിയുടെ കൊച്ചുകുടിലെന്നാണ് പറഞ്ഞത് പറഞ്ഞു തന്ന വഴി നോക്കുമ്പോ ഇവിടെ തന്നെ ശരിക്കും ഒരു പാറാടൻ കാട് തന്നെ ജട പിടിച്ചൊരു സന്യാസി ഈ കാട്ടിൽ തപസിരുന്നെന്നും മെടഞ്ഞൊരു തെങ്ങോല തണലിൽ കഴിച്ചുകൂട്ടിയ അവരെ പാറുവേടത്തി ആചരിച്ചുവെന്നും പറഞ്ഞു കേട്ടു സന്യാസി സമാധിയായപ്പോൾ ആവിടെ ഒരു കുടിൽ കെട്ടി മലനാട്ടുകാർ ഒരു തിരികത്തിക്കാൻ പാറുയർത്തിയ ഏർപ്പാട് ചെയ്തു ഇതൊക്കെ ഞാൻ കേട്ടറിഞ്ഞ കഥ ഈ രാത്രിയിലെ നില സഹായമായി ഏതായാലും താശാപ്പനെ കാണാം ഓഹ് വീണു പൊത്താറായ ഇതാണോ താശാപ്പന്റെ ചായക്കട താശാപ്പാ താശാപ്പാ ഞാൻ മനു കുറെ വടക്ക താശാപ്പന് എന്നെ അറിയില്ല ഞാൻ താശാപ്പനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പാറൻ കാട്ടിലെ പാറുവിടത്തിൻ്റെ കുടിൽ ആ അതാ അതാണ് അവിടെ ആരെ കാണാനാ അമ്മ പറഞ്ഞു താശാപ്പനെ കണ്ടാൽ കുടിയിൽ കാണിച്ചു തരുന്നു ഇരുട്ടല്ലേ മോനെ ഓഹ് സാരമില്ല താശാപ്പ ഈ മൊബൈൽ വെളിച്ചമുണ്ട് എന്തൊരു കുട്ടക്കല്ലുകൽ അമ്മ പറഞ്ഞത് കേട്ടില്ല ഒരാളെ കൂടെ കൂട്ടാമായിരുന്നു കുടിലിൽ വിളിച്ചില്ലേ പാറുവെടത്തി പാറുവെടത്തി ഞാൻ മനു മാധവന്റെ മകൻ എന്റെ കുട്ടിക്കാലത്ത് പാറുവേടത്തി ഏറെ കുളിപ്പിച്ചിട്ടുണ്ട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട് തെക്കേ അകവളപ്പിൽ വാസന്തിയുടെ മാധവന്റെ മകൻ മനു എന്തേ വന്നത് ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് എന്താ പാർ എടുത്തിൻ്റെ കാൽപാതം ഇങ്ങനെ നോക്കുന്നത് അതവിടെ തന്നെ ഉണ്ടല്ലേ ആ മാംസക്കുട്ടി കുട്ടിയായിരുന്നപ്പോൾ അതെടുക്കാൻ ഞാൻ എത്ര ശ്രമിച്ചു ഓ മനുമോൻ ഹാ ഇതാ എൻ്റെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്താ അമ്മയും അച്ഛനും നിർബന്ധിച്ച് പറഞ്ഞ അയച്ചതാണ് പാറുമേടത്തേക്ക് ഉടുക്കാനുള്ള കസവുമുണ്ട് നേരിയത് വട്ടച്ചെലവിനുള്ള കാശ് ഒക്കെ അമ്മ ഇതിൽ വെച്ചിട്ടുണ്ട് ആളും അനക്കുമില്ലാത്ത ഈ പാറാടംഘാട്ടിൽ മോൻ അധിക നേരം നിൽക്കണ്ടോട് പാറവേടത്ത് ഇവിടെ നിന്ന് കാത്തോട ശരി താശാപ്പാ ഉറങ്ങിയോ നിത്യനിദ്രയിൽ തന്നെയാണ് മോനെ ഈ താശപ്പൻ പാറുവെടുത്തിയെ കണ്ടോ കണ്ടല്ലോ ആർക്ക് പാറവെടുത്ത് തന്നെ ആയിരുന്നോ അത് വാങ്ങിയത് നിനക്ക് തെറ്റു പറ്റി കുഞ്ഞെ താശാപ്പ പാറവെടുത്ത് തന്നെയായിരുന്നു ചെറ്റവാതിൽ തുറന്ന് പുറത്തു വന്നത് അത് നിന്റെ പാറുവേടിയാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു അവരുടെ വനത്തെ പാദത്തിൻ്റെ പെരുവിലിന് പുറത്ത് ഒരു മാംസകോളമുണ്ട് ശരിക്കും ഒരു ഗോട്ടി പോലെ അത് ഞാനും കണ്ടതാ പക്ഷേ ഇപ്പോൾ നീ കണ്ടത് അവളെയല്ല തന്നെ ദാശപ്പ അവൾ മരിച്ചിട്ട് ഒരു വർഷമായല്ലോ എന്ത് താഴ്വരയിൽ നിന്ന് എവിടെയെങ്കിലും നിർത്താം തൊണ്ട വരണമെന്നും ആ ഒരു കട കാണുന്നുണ്ട് കുടിക്കാൻ ചെറുനാരങ്ങ അത് മതി അല്ല എവിടുന്ന് വരുന്നു ാട്ടിൽ പോയതായിരുന്നു പാറാടം കാട്ടിലോ അവിടെ ആരുമില്ലെ പരിപാലിച്ചുണ്ടായിരുന്നു അവര് മരിച്ചുപോയി നേരാണോ ഞാൻ എന്തിന് കള്ളം പറയണോ പക്ഷേ കുരലിന്റെ വാതിൽ തുറന്ന് പാറുവേടത്തെ പോലുള്ള സ്ത്രീ പുറത്തു വന്നല്ലോ ശരിക്കും അവർ പാദത്തിന്റെ മുകളിലുള്ള മാംസകോട്ടയും ഞാൻ കണ്ടു ഏ അല്ല നിങ്ങൾ എന്തിനാണ് സന്ധ്യ കഴിഞ്ഞ നേരത്ത് അവിടെ പോയത് എന്റെ കല്യാണ കൊടുക്കാൻ എന്നിട്ട് കൊടുത്തോ കൊടുത്തു അവർ വാങ്ങി അതെ അവിടേക്കുള്ള വഴിയാരാ പറഞ്ഞു തന്നത് ഓ അതും കൊള്ളാം താശാപ്പൻ താഴെ ചായക്കട നടത്തിയിരുന്ന തമാശക്കുട്ടപ്പൻ ഞങ്ങളുടെ സ്വന്തം താശാപ്പൻ കഷ്ടം അതെന്താ ഒന്നുമില്ല മലയിറങ്ങി വന്ന ഒരു ലോറി ഒരു ദിവസം താശാപ്പന്റെ കടയിൽ പാഞ്ഞു കയറി അയ്യോ ആ ഒരു ആറു മാസം മുമ്പായിരുന്നു ദാശാപ്പൻ ആ കടയിൽ വെച്ച് തന്നെ ചതഞ്ഞ് മരിച്ചു നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് സത്യം സത്യമായ സത്യം അപ്പൊ ഇവരൊക്കെ ഞാൻ കണ്ടതോ ആ അതും സത്യമായിരിക്കാം കാരണം മനസ്സല്ലേ എല്ലാം കാണുന്നതും അതിനെ സങ്കല്പിച്ചെടുക്കുന്നതും സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്നത് ദേഹമല്ലല്ലോ ദേഹത്തിനുള്ളിലെ ദേഹിയല്ലേ ആ ഞാനേ കട ഓട്ടാൻ പോവാ ീ വല്ലതും വേണ്ട ഒന്നും വേണ്ട ഇൻവിറ്റേഷൻ തന്നപ്പോൾ അമൃത എല്ലാം വിശദീകരിച്ചു പറഞ്ഞിരുന്നു ഞങ്ങളെയൊക്കെ അമൃത ക്ഷണിച്ചല്ലോ ആ ഇനി മനുവോട് ക്ഷണിക്കണോ ഞാൻ കൂടി ക്ഷണിക്കുന്നതിൽ തെറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ ഞാൻ വന്നത് അമൃതയെ കണ്ടൊരു കാര്യം സംസാരിക്കാനാണ് നാളെ പാക്കപ്പ് ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് വിവാഹത്തിന് അത്രയല്ലേ ദിവസങ്ങളുള്ളൂ മനുവിനൊന്നും ഫോൺ വിളിക്കാമായിരുന്നില്ലേ അത് പോരെ പറയേണ്ട വിഷയമായത് െ നീ എവിടുന്ന് വരുന്നത് അമൃത ഞാൻ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാണ് എന്ത് പറ്റി ചെക്ക ഞാനൊരു സംസാരിക്കാറില്ലേ ആ മനുവിനെ താരാട്ടുപാടി ഉറക്കിയ പിന്നെന്താ പാറുവേടത്തിയുടെ കുടലിന് കുറച്ചു താഴെയാണ് താശാപ്പന്റെ ചായക്കട താശാപ്പൻ പറഞ്ഞു പാറുവേടത്തി മരിച്ചു പോയെന്ന് പറയുന്നേ അവർ നീ കണ്ടതല്ലേ കഥ തീർന്നില്ല അമൃത പേടിച്ചു സൈക്കിൾ ബാലൻസ് തെറ്റാതെ താഴ്വാരത്ത് വന്നു വരണ്ട നാവ് കുളിർപ്പിക്കാൻ ഒരു കടക്കാരനിൽ നിന്നും വെള്ളം കുടിച്ചു ആ കടക്കാരൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അമൃത താശാപ്പൻ ആറു മാസം മുമ്പ് തൻറെ കടയിൽ പാഞ്ഞുകയറിയ ഒരു ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു പോയെന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഈ ഇരുചക്ര വാഹനം ഇവിടെ എത്തിയതാ ഈ കഥകളൊക്കെ എന്റെ അമൃതയെ അറിയിക്കാം ആകാശത്തിലൂടെ പാറവേടത്തിയും താശാപ്പനും ും അമ്മയും അറിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല കല്യാണം നിശ്ചയിച്ച നമ്മൾ ഇങ്ങനെ പോകുന്നത് എന്ന പിന്നെ നമുക്ക് മാറ്റനോട് പറയാം അവർ തന്നെ എല്ലാത്തിനും സമാധാനം കണ്ടെത്തും സാരില്ലെന്നും മനു പേടിച്ചു പോയതാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് എങ്ങനെ പേടിക്കാതിരിക്കും നേരിൽ കണ്ടത് മരിച്ചുപോയവരാണെന്ന് പിന്നീട് അറിഞ്ഞ നിങ്ങൾ അവനെ കൂട്ടി രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി ആ രാത്രി ശരിക്കും വേറെലും പനിയുമായിരുന്നു മീട്രനെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കണമെന്ന് മാധവേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു കല്യാണത്തിരക്കില് പെട്ടെന്ന് വിളിക്കാനും പറ്റിയില്ല മേട്ടൻ ആ രാത്രി കൊറേ വിഷമിച്ചുല്ലേ സ്വഭാവ സ്നേഹമുള്ള ഒരു പാവ മനസ്സാ അനുവിന്റേത് എന്റെ നാട്ടില് ഒരു ശങ്കരം വൈദ്യരുണ്ടായിരുന്നു മരിച്ചുപോയി മൂപ്പനുമായിട്ട് വൈകുന്നേരത്തെ നടത്തം പല പല കഥകളും വൈദ്യർ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും അവനതൊക്കെ കഥകളായും കവിതകളായും എഴുതും ചെയ്യും സ്നേഹിക്കുന്ന പിള്ളേരല്ലേ പരസ്പരം അറിഞ്ഞവർ ഒന്നാകട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു അന്വേഷിച്ച് പരക്കം നടക്കണ്ട മാട്രമോണിയിൽ കോളവും നോക്കണ്ട അവർ ആ സൗകര്യം ചെയ്തു തന്നു ാണ് പാറോ എടുത്തിരിക്കുന്നത് ഇതാ അമൃത നമ്മുടെ മുമ്പിൽ എത്തി ഞാനൊന്ന് ആ കാലുകൾ തൊട്ട് വന്ദിക്കട്ടെ മനു മനു നീ എന്താ കാട്ടുന്നത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും നമ്മുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് നീ കണ്ടില്ലേ അമൃത അവർ പോയി അതാ അയ്യോ കണ്ടീ വധുവരന്മാർ ഹാളിൽ പോയി സദ്യ കഴിക്കുക മനു ഒരു പേടി സ്വപ്നം കണ്ട് അപ്സെറ്റ് ആയത് എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ മനുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണം കൂടി കഴിക്കാൻ ആവുന്നില്ല മൃത മനു ഇതൊക്കെ ഒരുതരം ഹാലൂസിനേഷൻ ആണ് മനസ്സാഹിത്യൊക്കെ പഠിച്ചതല്ലേ മാക്ബത്ത് കോളേജിൽ ഡീറ്റെയിൽ ടെസ്റ്റ് ആയിരുന്നല്ലോ മനസ്സിന്റെ വിഭ്രാന്തിക്ക് അടിമയായിരുന്നില്ലേ ലേഡി മാക്ബത്ത് അതൊക്കെ ശരി തന്നെ അമൃത പാറാടാൻ കാടും പാറുവേടത്തിനും ഒക്കെ എന്നിൽ വിഭ്രാന്തി കൂട്ടുന്നു എന്തോ ഒരു വശപ്പിശക് കാണുന്നുണ്ടല്ലോ നാട്ടുകാരാ അല്ല നിങ്ങൾ നാട്ടു മുഖ്യനല്ലേ എന്തു തോന്നുന്നു പലരും എന്നോടാണ് കാര്യ അന്വേഷിക്കുന്നത് അല്ല ഞാൻ അമൃത മോളുടെ അമ്മാവനായത് എന്താ അന്വേഷിച്ചത് പയ്യന് മാനസികമായ പലതുമുണ്ടോ എന്ന് ദയവ് ചെയ്ത് അങ്ങനെയൊരു വിഷയമൊന്നും ഇന്ന് സംസാരിക്കരുത് കേട്ടോ ഇന്ന് തന്നെ സംസാരിക്കണം ആ ഏതായാലും വിവാഹ പോയാൽ ടപ്പനുസരിച്ച് വിരുന്നിനു പോകണമല്ലോ സംസാരം അവിടെ വെച്ചാകാം അല്ല കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം മനുഹന്റെ അച്ഛനെ അടുത്ത് നിർത്തി എന്റെ അമ്മാവന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാ അതിന് മാത്രം എന്താ ഉണ്ടായ കാര്യം എല്ലാവരും കണ്ടതല്ലേ ശരിക്കും സമനില തിരുത്തിയ രീതിയിലല്ലേ പെരുമാറിയത് നീ കൂടി കണ്ടതല്ലേ അമൃത മോളെ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു നടന്ന കാലത്ത് ഇതൊന്നും മോളുടെ ശ്രദ്ധയിൽ പറ്റില്ലേ അതെല്ലാം അനുസാധാരണ കഴിക്കാറുള്ള ഗുളിക കഴിക്കാത്തത് ഈ അസുഖം പുറത്തു ചാടിയതാണോ അമ്മാവാൻ അമ്മാവനോട് പറഞ്ഞില്ലേ ഓഹോ ഇനി കഥകൾ ഈ അമ്മാവനെ ആരും കേൾപ്പിക്കണ്ട ആ നാട്ടു മുഖ്യമൊന്നും ഇതൊന്നും അങ്ങനെ ചാടിക്കേറി പറയേണ്ട വിഷയമല്ല കുടുംബകാര്യമാണ് വിരുന്ന് വന്നവരൊക്കെ തിരിച്ചു പോവാനുള്ള ധൃതിയില്ല മാധവേട്ടിനെ ഞാൻ എത്ര അന്വേഷിച്ചു എന്റെ ഭാര്യ വരുന്നുണ്ട് ദയവ് ചെയ്ത് അവളെ കൂടി തൊന്നും അറിയിക്കല്ലേ അറിയേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ എന്താ മാധവേട്ട ഒരു പരിഭ്രാന്തി മനുവിന്റെ അമ്മ ആ വിഷയം ക്രമേണ അറിഞ്ഞോളൂ മനുവിന് ചെറിയ തോതിൽ പനിയുണ്ട് അവൻ കിടക്കാണ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമൃതമോളെ ഇന്നത്തെ ദിവസം മോൾ അവന്റെ മുറിയിൽ കിടക്കണ്ട എന്തൊക്കെയായി പറയുന്നത് മരുവിന്റെ അച്ഛൻ മൗനമായി നിന്ന് എന്റെ അമ്മാവൻ പറയുന്നതൊക്കെ ഇതൊക്കെ ഈ കാലത്ത് നടക്കുന്ന വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം ഡിവേഴ്സാകുന്നവരില്ലേ ഈ അമ്മാവൻ പറയുന്നത് കേട്ട് മോള് ചെവി രണ്ടും പൊത്തണ്ട അമൃതയുടെ അമ്മാവൻ ക്ഷമിക്കണം ക്ഷമിക്കുകയല്ല ഒന്ന് പോയിത്തരികയാണ് വേണ്ടത് മോളെ ഉരുളച്ചോർ വായിലിട്ട് തലനാരു കടിച്ചാൽ അപ്പടി തുപ്പിക്കളയെ നിവൃത്തിയുള്ളൂ ഒരു പാറാടം കാടും പാറു ഞാൻ അനുഭവസ്ഥയായി ഞാൻ ഈ അമൃത വിവാഹാനന്തരം ഇതുപോലെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാഹ ബന്ധങ്ങൾ കേട്ടിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് വിവാഹം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു തരം പറിച്ചു നടലാണ് അമ്മാവ അമ്മാവൻ വെച്ച് ഞങ്ങൾ നോക്കരുത് അങ്ങനെയാവുമ്പോ അങ്ങനെയാവുമ്പോ ഞങ്ങൾ നിങ്ങള് കാണുന്നത് കറുത്ത പേക്കോലങ്ങളായിട്ടായിരിക്കും അമൃത ഞങ്ങൾ ഇറങ്ങുകയാണെ ആഹാ നിന്റെ കൂട്ടുകാരികൾ എല്ലാരും ഉണ്ടല്ലോ എങ്ങോട്ടാ ഹണിമോൺ ഇല്ല മനു പറഞ്ഞത് നാട്ടിൻപുറത്ത് അവന്റെ തറവാട്ടുവീട്ടിൽ കുറച്ചു ദിവസം കഴിയണമെന്നാ ഒരു പഴയ ടീപ്പോയിൽ വെച്ചാണ് പണ്ടൊക്കെ കഥകളും കവിതകളും എഴുതിയതെന്നാവൻ പറഞ്ഞിട്ടുണ്ട് ഏകാന്തതയിൽ അവിടെയിരുന്നാൽ ഭാവന ഒഴുകിയെത്തുമെന്ന് പറഞ്ഞിരുന്നു മനുവിന്റെ കഥകളൊന്നും കഥാബീജം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനു അത് ഡെവലപ്പ് ചെയ്യൂ അമൃത കൂടി കോളാപ്രേറ്റ് ചെയ്യുമോ അയ്യോ ഹാ ക്രാഫ്റ്റ് എനിക്കറിയില്ല മാറ്റൻ പക്ഷേ കഥയുടെ ക്യാപ്ഷൻ തലക്കെട്ട് അതെന്റേതായിരിക്കും എന്താണത് ഭൂതങ്ങളുടെ നാട് ഭൂതങ്ങളുടെ നാട് നാടകം സമാപിക്കുന്നു രചന ജയപ്രകാശ് പുതുപ്പണം കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അച്ചമ്മ സാവിത്രി ശ്രീധരൻ മാധവൻ വിനോദ് മേക്കോത്ത് വാസന്തി രാധിക എസ് മേനോക്കി മനു രാഹുൽ പെരിങ്ങാവ് സുമം രാധിക കെ അമൃത ഗോപിക സുരേന്ദ്രൻ താശാപ്പൻ വിജയൻ കാവങ്ങാട് പാറുവേടത്തി പി ജി അമ്മാവൻ ടി ബാലൻ വോൾഗ നാട്ടുകാരൻ ഇ കെ ഇസ്മയിൽ ഹോസ്റ്റൽ മേട്രൻ എൽ സി മാത്യു പീഡികക്കാരൻ സുധൻ നന്മണ്ടിവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം